വൃത്തത്തിലെ രണ്ടെണ്ണമാണ് മനസിലായി സിമ്പിൾ ആണ് സാ ഭനുണ്ടെങ്കിൽ ഇത്രയൊക്കെ വിവരങ്ങൾ ഉള്ളതായിരുന്നു പണ്ടുള്ള ആളുകളെന്ന് വല്ലതും അപ്പൂപ്പൻ്റെയും മുതുമുത്തച്ഛൻ്റെയും ഒക്കെ മണ്ടത്തരങ്ങളാണ് ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ പുച്ഛിക്കുമ്പോ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ അത് എന്തുമാത്രം പ്രയോജനം തന്നേനെ ഇപ്പോൾ ഈ മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുമായിരുന്നോ അവരിത് ഓർത്തെടുത്ത് പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് നിന്ദ്യമായി പോയി നിങ്ങളത് പാൻസിറ്റ് പഠിക്കുകയും പാൻസിട്ട് പഠിപ്പിക്കുകയും കൈകെട്ടിയവൻ പഠിപ്പിക്കുകയും ചെയ്തപ്പോ അതിന് വലുപ്പവും കൂടി നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകാത്ത ഭാഷയിൽ പഠിപ്പിക്കുന്നവൻ ഏതോന്ന് അമ്മൂനാ ഭാഷയിൽ അവിടുന്ന് വന്ന് പഠിപ്പിച്ചപ്പോൾ അർത്ഥം മനസ്സിലാകാതെ കാണാതെ പഠിച്ചതൊക്കെ നിങ്ങൾക്കറിവായി ബാക്കി പദം ഞാൻ പറഞ്ഞാൽ നല്ല പെരുതെ നാവിൽ വരും കടന്നു പോകുന്നുണ്ടല്ലേ ക്ലാസിനെ കുറിച്ചൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കാറില്ല നിങ്ങൾ വിചാരിക്കുന്നെച്ചാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഏതോ ചെടി ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നത് ആയുർവേദം ശരിയല്ല താനുമാരാകുമ്പോ അവർ ഹിമാലയത്തിൽ പോയി ചെന്നപ്പോ ഏതാണ്ട് ജെടി കണ്ടിട്ടുണ്ട് അതിങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതൊരു ശാലം കൊടുത്താൽ രോഗം മാറും അല്ല നൂറ്റാണ്ടുകൾ പഠിച്ചാൽ തീരാത്തതാണ് ജന്മ ജന്മാന്തരങ്ങളുടെ പഠനം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്തായൊക്കെ പഠിക്കാൻ പോകുമ്പോ അതിന്റെ സ്ഥലങ്ങളിൽ നിന്നൊന്ന് പഠിച്ചാൽ എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ അസ്ഥി ജായതെ വർദ്ധത എന്നുള്ളതിലെ അസ്ഥി ജായതേ വരെ ആയുള്ളു നമ്മള് ആ ജായതയിൽ നിന്ന് ജനിക്കുമ്പോൾ ആ ജന്മബലപ്രവൃത്തമായ രസജം അമ്മ കഴിച്ച ആഹാരം അമ്മ കഴിച്ച കുടിച്ച വെള്ളം അമ്മ കണ്ട സിനിമ അമ്മ കണ്ട ഇടിപ്പടം ഗർഭിണിയായിരിക്കും എച്ച് ബിഒ കണ്ടോണ്ടിരിക്കുകയാണ് നുസരിച്ച് കുഞ്ഞും ഇടിക്കും കാരണം ഇതാണ് കാരണം അമ്മ കാണുന്നതൊക്കെ കുഞ്ഞിനു കൂടിയാണ് രണ്ട് ഹൃദയം അതാണ് ോഹദ കാലം ഗർഭകാലം ദോഹദെന്ന് പേര് പറയാൻ കാരണം അമ്മ കഴിക്കുന്ന ആഹാരം കൊണ്ട് ഒരു ഹൃദയമല്ല രണ്ട് ഹൃദയം പ്രവർത്തിപ്പിക്കുന്നു മനസ്സിലായില്ല ഗർഭസ്ഥാവസ്ഥയിൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഒരമ്മ പ്രവർത്തിപ്പിക്കുന്നത് രണ്ട് ഹൃദയമാണ് വികാരങ്ങൾ വിചാരങ്ങൾ ചിന്തകൾ പഠനങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഓർക്കണം നാളേക്ക് ഈ ലോകത്തിന് ഞാൻ സംഭാവനയായി വെക്കാൻ പോകുന്ന ഒരു ഹൃദയം എൻ്റെ ഉള്ളിലാണ് വളരുന്നതെന്ന് ഹൃദയപൂർവം ഓർക്കണം അത് ഓർക്കാത്തവളൊന്നും അമ്മയല്ല ശവം മമ്മി ശിവവും ശവവും തമ്മില് ഒരുപാട് ദൂരമുണ്ട് എൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ മൂക്കിലൂടെ എൻ്റെ നാവിലൂടെ എൻ്റെ തൊക്കിലൂടെ എൻ്റെ ചെവിയിലൂടെ ചെവിയിലൂടെ ശബ്ദമായി തൊക്കിലൂടെ സ്പർശമായി എൻ്റെ കണ്ണുകളിലൂടെ രൂപമായി എൻ്റെ നാവിലൂടെ രസമായി വാക്കായി എൻ്റെ മൂക്കിലൂടെ ഗന്ധമായി കടന്നു വരുന്ന ഓരോ ആവേഗങ്ങളും ഈ ലോകത്ത് കാണാതിരുന്നു കൊണ്ട് എൻ്റെ പുത്രനല്ലെങ്കിൽ പുത്രി അവന്റെ ഹൃദയാന്തർ ഭാഗത്ത് നിന്ന് ഭാവനാസാന്തമായി കാണുന്നുണ്ടെന്നറിഞ്ഞ് അവൻ കാണാതെ കാണുമ്പോഴാണ് സൂക്ഷ്മമായ കാഴ്ചയെന്നും ആ കാഴ്ചയിലാണ് അവൻ്റെ വ്യക്തിത്വം നാളെ രൂപപ്പെടുന്നതെന്നും അതുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം സമഞ്ജസമായിരിക്കണമെന്നും ത്യാഗോജ്വലമായിരിക്കണമെന്നും ചിന്തിക്കുന്നൊരു മാതൃത്വത്തിൻ്റെ അകത്തളങ്ങളിലെ ചിന്തകളുടെ സ്വഭാവത്തിൽ വച്ച് വളർത്തിയെടുത്ത സന്തതി അതിനവൻ എത്ര നമസ്കരിക്കും അല്ലാതെ ഏതോ കാമത്തിൽ ഒരു എണചേരലും അതിൽ നിന്നൊരു ബീജവും അതിൽ നിന്നൊരു സന്തതിയും വേദന കൂടാത്യയിലൊരു പ്രസവവും അത് വാര്യയും ഭർത്താവും എന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന പുകയും ചൂരും പോലെ ഒരു കുഞ്ഞും മാനവചേതന മനീമസമാകാൻ ഇത് കൂടുതലൊന്നും വേണ്ട ഇഷ്ടായി ഇഷ്ടപ്പെടായി ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ ഇഷ്ടം ഇതാണ് യു ഫോളോ സ്കൂളിലെ സിലബസിൽ പഠിപ്പിക്കാമായിരുന്നോ നൂറ്റാണ്ടുകളായി ഈ ഭൂമി സംഭരിച്ച ഈ അറിവിൻ്റെ മഹാകുരങ്ങൾ ഈ മണ്ണിന്റെ ശലഭങ്ങൾക്ക് പോലും അറിയുമ്പോൾ ഇവിടുത്തെ മാനവ ചേതന നഷ്ടപ്പെടുത്തിയതിന്റെ പ്രലപനങ്ങൾ മാത്രം ചുറ്റും നിന്ന് കേൾക്കുമ്പോൾ കാവ്യകേളിയുടെ ആനന്ദ ലോകങ്ങളിൽ നിന്ന് ശാസ്ത്ര സത്യത്തിൻ്റെ മഹാധ്യായങ്ങൾ കുറിച്ച ആചാര്യന്മാരുടെ മഹത്വത്തെ എത്ര എത്ര തവണ നാം നമസ്കരിക്കേണ്ടി വരും നമസ്കാരപൂർവം സ്വീകരിക്കാതെ തമസ്കരിച്ചു കളഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന്റെ നാളകൾ നമസ്കാരവും തമസ്കാരവും ഒന്നല്ലല്ലോ നിങ്ങക്ക് തീരെ സഹിക്കാൻ വയ്യാത്തത് എന്റെ കൂടെയുള്ള എന്റെ ഭാഷയാണെന്ന് എനിക്കറിയാം ഞാൻ ചെലതിനെ വല്ലാതെ നോക്കുന്നു ശാസ്ത്രം പറയുന്നത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടേക്കും പക്ഷെ അതിന്റെ കൂടെയുള്ളത് വാൽക്കഷണം നിങ്ങക്ക് തീരെ ഇഷ്ടപ്പെടാൻ വഴിയില്ല പക്ഷെ അതില്ലെങ്കിൽ ഞാനില്ലല്ലോ ശരിയല്ല അതിൽ മുന്തി പൊങ്ങുമ്പോഴാണല്ലോ മുങ്ങി പൊങ്ങുമ്പോഴാണല്ലോ ഞാൻ അപ്പൊ ജന്മബല പ്രവൃത്തം അതിലെ രസജം ദൗഹദാപചാരജം വീട്ടിലൊരു ഗർഭിണി ഉണ്ടെങ്കിൽ പഴയ ആളുകൾ പറയും അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കണ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന് വൈകല്യമുണ്ട് അത് ഗർഭിണിയുടെ ആഗ്രഹമല്ല സാധാരണഗതിയിൽ ഗർഭം ധരിക്കുന്നതിന് മുമ്പുള്ള ജാരനോടൊപ്പമുള്ള സംഘത്തിന്റെ ആഗ്രഹമാണ് കാരണം ആരും അറിയാതെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് പടത്തിന് പോയിരുന്ന് തോളെ പിടിക്കാം എന്നൊക്കെ വിളിക്കുന്നത് നല്ല എഫക്ട് ഉണ്ട് അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ ഭാഷയ്ക്ക് എനിക്ക് തട്ടുന്നതിളവുകൾ ഓർത്ത് വേണം അപ്പോ ആദിബലപ്രവൃത്തത്തിലെ മാതൃജവും പിതൃജവും ജന്മബലപ്രവൃത്തത്തിലെ രസജവും ൗഹദ അപചാരജം രണ്ട് ഹൃദയം അമ്മയിലൂടെ പ്രവർത്തിക്കുമ്പോൾ അമ്മ കേൾക്കേണ്ട ശബ്ദം സ്പർശം തുടണ്ട സ്പർശം രൂപം രസം ഗന്ധം ഇവയുടെ ലോകങ്ങൾ വരെ നിയന്ത്രിതങ്ങളായിരിക്കണം അതിലപചാരം വരാതിരിക്കുന്ന വീട്ടിൽ പോയിട്ട് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുക ഇനിയും കല്യാണം കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ മക്കളെ ജീവിച്ച നല്ലതാണെന്നൊന്ന് പറയുക കേട്ടെങ്കിൽ ചോരൊരു ചോദ്യം ചോദിക്കും നിങ്ങൾ ഇങ്ങനെയാണോ ജീവിച്ചത് അതിലാണ് കൊത്തുവാളെടുത്തു പോകുന്നത് ഉത്തരം എപ്പോഴെ കണ്ടുപിടിച്ചു അപ്പൊ ഇത്രയും നേരം ഇവരൊന്ന് ആലോചിച്ചത് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എത്തുത്തരം പറയണമെന്നാൽ മൂന്നാമത് ദോഷബല പ്രവൃത്തം വാദിബലം ജന്മബലം ദോഷബലം വാദജവും പിത്തജവും കവചവുമായി ശാരീരികവും മാനസികവുമായി വരുന്ന ദോഷബല പ്രവൃത്തം ശാരീരികമെന്നും മാനസികമെന്നും രണ്ട് ദോഷബല പ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ അത് രണ്ടെണ്ണമാണ് അതൊന്ന് ശാരീരികമായ ദുഃഖങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ അത് തന്നെ വാതജം പിത്തജം കഥജം രണ്ടിലും ഇപ്പൊ ആധ്യാത്മിക ദുഃഖങ്ങൾ കഴിഞ്ഞു ആദി ഭൗതിക ദുഃഖങ്ങൾ ആ അത് വളരെ വളരെ ഇതായിട്ട് പറഞ്ഞതാണ് നമ്മൾ ആറ്റെടുത്തവറഞ്ഞതാണ് ആ ഒരു അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നില്ലെങ്കിൽ കുട്ടിന് കുട്ടിക്ക് ജന്മനാ ഹൃദയത്തിൽ പ്രശ്നം ഉണ്ടാകും ഇന്ന് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആ അത് കാരണം നമ്മൾ ഹൃദ്രോഗത്തിൽ എടുത്തതാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് എടുത്തതാണ് അമ്മയുടെ ദൗഹദ കാല ആഗ്രഹങ്ങളുടെ പഴയ വൈദ്യന്മാരെ കണ്ടാൽ ഉടനെ ജീവിക്കും വീട്ടിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ചോദിക്കും അല്ല ഉറപ്പായിട്ട് വരിക മാത്രല്ല അപസ്മാരം അഗ്രസീവ് ആക്ടിവിറ്റി ഓട്ടിസം നൂറോട്ടിക് പ്രോബ്ലംസ് തുടങ്ങിയ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളോടാണ് പക കൂടുതൽ കാണുന്നത് അയൽപക്കാരിൽ അവർ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് നാട്ടുകാർക്കൊക്കെ അവൻ നല്ലവനായിരിക്കും ഏറ്റവും വലിയ പക അവന് ജന്മന വീട്ടുകാരോടാണ് പറഞ്ഞാലൊരിക്കലും കേൾക്കില്ലെന്ന് മാത്രമല്ല വീട്ടിലുള്ളതൊക്കെയാണ് തച്ചുടയ്ക്കുക അതിന് കാരണം ദോഹദാലത്തിൽ അവനകത്ത് കിടന്ന് അനുഭവിച്ചതിൻ്റെ ഒരു സ്മരണ അവനിൽ സ്വപ്നം പോലെ പൊന്തി വരുന്നതാണ് ഇത് അപസ്മാര രോഗികളിലൊക്കെ വളരെ കൂടുതൽ കാണാം ഒരു പ്രശ്നം അയൽവക്കത്ത് ഉണ്ടാവുമ്പോ അലോക്കത്ത് നിന്ന് ഒരു ചേട്ടത്തിയോ ചേട്ടനോ എന്ന് അവിടെ ചെന്നിട്ട് മോളെ നീ ഒന്ന് സമാനാവും പെട്ടെന്ന് സമാനാവും പുറത്തുള്ള ആളുകൾ പറഞ്ഞാൽ അന്നേരം കേട്ടു മാത്രമല്ല വീട്ടിലെ ഏതെങ്കിലും കാരണവശാൽ അടുത്തുള്ളവരുടെ അവിടെയും കുറ്റം ഉറക്ക വിളിച്ചു കുറയും നാട് കേൾക്കട്ടെ നിങ്ങളുടെ ഗുണം അറിയട്ടെ തരില്ല അത് താണോ ഇതൊക്കെ മനസ്സിന്റെ ആ പോക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റിയ തലങ്ങളുണ്ട് മാനവനെ നിത്യദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ഗതീയതകളിലൂടെ ശാസ്ത്രം സമഗ്രമായി കടന്നു പോകുമെങ്കിൽ ആദിബലപ്രവൃത്തത്തിന്റെയും ജന്മബല പ്രവൃത്തത്തിന്റെയും ദോഷബല പ്രവൃത്തത്തിന്റെയും ഉൾക്കൊള്ളുന്ന ആധ്യാത്മിക ദുഃഖങ്ങളുടെയും സംഘാത ബലപ്രവൃത്തത്തെ ഉൾക്കൊള്ളുന്ന ആദിഭൗതിക ദുഃഖത്തിന്റെയും പൈസാജാതികൾ ഉൾക്കൊള്ളുന്ന ആദിദൈവ ദുഃഖ ദുഃഖത്തിന്റെയും അന്തരാളങ്ങളിലൂടെ ഒരുവൻ സഞ്ചരിച്ചു പോകുമെങ്കിൽ മാനവചേതനയെ പിടിച്ചു നിർത്തുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ തലങ്ങൾ ഏകത്ര യോജിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതാണിതിൻ്റെ ഗരീയതയിലെ മുഖ്യ സ്രോതസ് അത് പഠിക്കാൻ പറഞ്ഞത് എളുപ്പമാണ് ഉദ്ദേശിക്കുന്ന പോലെ അത്ര ക്ലിഷ്ടമല്ല ദോഷബലപ്രവൃത്തങ്ങളായ ശാരീരികവും മാനസികവുമായ മൂന്നെണ്ണം കൊണ്ട് ആദിബലപ്രവൃത്തം ജന്മബല പ്രവൃത്തം ദോഷബല പ്രവൃത്തം കൊണ്ട് ആധ്യാത്മിക ദുഃഖങ്ങൾ മൂന്നെണ്ണം ആവരണം തീർന്നു ഇനി അത് ആദിഭൗതികം ശാരീരിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ശാരീരികമായ ദുഃഖങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ അവ രണ്ടും ഉണ്ടാക്കുന്നതിന് കാരണമായ ശബ്ദസ്പർശ രൂപരസന്ധാദികൾ അവ നമ്മളിൽ സ്വീകരിക്കുവാൻ പര്യാപ്തങ്ങളായ വാതജവും പിത്തജവും കപജവുമായ വികാരങ്ങൾ ദോഷബലം വീണ്ടും ആദി ഭതികൾ സംഘാത ബലപ്രവൃത്തങ്ങളായ സംഘാതബല പ്രവൃത്തങ്ങളായ സംഘാതം സംഘാതബല പ്രവൃത്തം ഒറ്റ തന്നെ ഉള്ളൂ അതിന് രണ്ടുപിരി ഉണ്ട് ശസ്ത്രകൃതം വ്യാഴകൃതം ശസ്ത്രകൃതം വ്യാഴകൃതം എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് ചികിത്സാരംഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഏതൊന്നാണോ രോഗം മാറാൻ ചെന്ന് വീഴുന്നത് അതിൽ നിന്ന് സംഭവിക്കുകയാണ് സംഘാതത്തിൽ നിന്ന് സംഭവിക്കുകയാണ് അതെല്ലാം വരും അയോ അയാട്രോജനിക് കൾച്ചറൽ സോഷ്യൽ ക്ലിനിക്കൽ ഇങ്ങനെ ഒരുപാട് അയാട്രോജനിക് രീതികളുണ്ട് മുമ്പ് പറഞ്ഞ മാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ അയാട്രോജനിക് ഒരു സിനിമ കാണാൻ പോയിരുന്നു ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഒരു രോഗി അവൻ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് വികാര വിക്ഷുപ്തമായ ഒരു രംഗമുണ്ടാക്കാൻ അവൻ അനുഭവിക്കുന്ന വേദന മുഴുവനുമായി ചെല്ലുകയാണ് ഡോക്ടർ അവനെ കടത്തിയിരുത്തിയും പരിശോധിക്കുകയാണ് അയാൾ രോഗിയാണ് ഡോക്ടറെ അയാളെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അയാളോട് പറഞ്ഞു കാര്യമായിട്ട് അയാളോട് പറഞ്ഞു യാതൊന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു തൽക്കാലത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞൊരു ടോണിക്കുമൊക്കെ കുറിച്ചു കൊടുത്തു കഴിഞ്ഞ അയാളുടെ ഒരു ബന്ധുവിനെ വിളിച്ചു അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകനായ ഡോക്ടറെ വിളിച്ചു അല്ലെങ്കിൽ വേറൊരാളെ വിളിച്ചു അവരോട് പറഞ്ഞു മൂന്നോ നാലോ ദിവസം ഇല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസം അതിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല ആ ദിവസമെങ്കിലും അവൻ സന്തോഷത്തോടെ ജീവിച്ചിരിക്കട്ടെ എന്നോർത്താണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തത് ത്യാഗവുമെല്ലാം അതുകൊണ്ട് വളരെ കുറച്ച് സമയം അവൻ ജീവിച്ചിരിക്കുള്ളൂ സിനിമയോ നാടകമോ കലയോ കഥയോ ആണ് നിങ്ങൾ അൻപത് പേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളെ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലാത്തപ്പോൾ ഒരു പിശഗ്വരനെ ചെന്ന് കാണുമ്പോൾ അയാൾ ഒന്നുമില്ലെന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഈ ചിത്രമോർമ്മയിൽ വരുമോ ഒട്ടും എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് അങ്ങനെ വരുമെങ്കിൽ നിങ്ങൾ കാണുന്ന ആ പടം നിങ്ങളെ രോഗത്തിലേക്ക് സിമ്പിളാണ് ഇങ്ങനെ നൂറ് പടങ്ങളുണ്ട് അപ്പൊയൊക്കെ കാണുമ്പോ മനുഷ്യ മനസ് ഇങ്ങനെയാണ് വികലമാകുന്നത് അപ്പൊ അയാട്രോജനിക് സോഷ്യൽ അയാട്രോജനിക് സാമൂഹ്യ വൈദ്യജന്യ രോഗങ്ങൾ ക്ലിനിക്കൽ അയാട്രോജനിക് ചികിത്സിത വൈദ്യജന്യ രോഗങ്ങൾ കൾച്ചറൽജനിക് സാംസ്കാരിക വൈദ്യജന്യ രോഗങ്ങൾ ഇവിടെ വളരെ കൂടുതലാണ് ശസ്ത്രകൃതങ്ങളായ മനുഷ്യൻ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴും ആശുപത്രിയിൽ ശസ്ത്രമുപയോഗിച്ചുള്ളതായ ആ ശസ്ത്രക്രിയ മുതലായവ ചെയ്യുന്ന ശല്യാപകരണാദികളിലും ഒക്കെ വരാവുന്ന അതങ്ങനെ വ്യാലാകൃതങ്ങളായ ഔഷധങ്ങൾ ചുറ്റുവട്ടങ്ങൾ ഇവയിൽ നിന്നെല്ലാം വരാവുന്നവ ഇങ്ങനെ രണ്ടെണ്ണം ഇത്രയാണ് ആദി ഭൗതികങ്ങൾ ആദി ദൈവികൾ അതിലും മൂന്നെണ്ണം ആദിദൈവികങ്ങളായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ കാലബലപ്രവൃത്തങ്ങളായ കാലബലപ്രവൃത്തം ദൈവബലപ്രവൃത്തം സ്വഭാവബലപ്രവൃത്തം മൂന്നോ കാലം ദൈവം സ്വഭാവം അതില് ആദ്യന്തതായ കാലബലപ്രവൃത്തം അവപന്നൃതവും വ്യാപന്ന ഇതുകൃതവും വ്യാപന്നൃതം വ്യാപിച്ചിരിക്കുന്ന അവ്യാപന്ന ഋതുകൃതം കൃതം കൃതം ചെയ്യുന്നത് കൃതം ചെയ്തി ഭേദമുള്ള വ്യാപന്ന ണുന്ന ഋതുവിനാൽ കൃതമായതും ഋതുവിനാൽ കൃതമായതും ഋതുക്കൾ ആരെണ്ണവും വേറെ വേറെയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതും കാലവർഷവും തുലാവർഷവും വേർപെടാതെയാ വന്നിരിക്കുന്ന മനസിലായില്ല ഇത് കാലവർഷം വർഷം വേറെയാണ് ഈ ഇത്തവണത്തെ ഇതില് ഋതുവില് കാലവർഷവും തുലാവർഷവും സംയോജിച്ചു നീങ്ങുകയാണിത് ആയിരക്കണക്കിന് രോഗങ്ങളെ തന്നെ അവൻ പോവുള്ളൂ വ്യാപന്ന ഋതുഘൃതങ്ങളും അവ്യാപന ഋതുഘൃതങ്ങളും ഋതുക്കൾക്ക് മാറ്റം ഉണ്ടാവും ജനപഥ ധ്വംസകങ്ങളായ രോഗങ്ങൾ വരാൻ പോകുമ്പോൾ ഋതുവിൽ നോക്കിയാണ് വൈദ്യന്മാർ തീരുമാനിക്കുക ജനപഥ ധ്വംസകങ്ങളായ രോഗങ്ങൾ ആവിർഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഔഷധങ്ങൾ സംഭരിച്ചു വെക്കുവാൻ വൈദ്യന്മാർ തീരുമാനമെടുക്കുന്നത് കാലചക്രത്തെ നോക്കിയാണ് പുനർവസ്തു ആലപ്പുഴ ഇപ്പൊ നടന്നില്ലേ അത് തന്നെ ആദ്യം സുനാമി വന്നു രണ്ടായിരുന്നു ജലത്തിന്റെ ഗന്ധം മാറി ജലത്തിന്റെ നിറം മാറി ജലത്തിന്റെ സ്വഭാവം മാറി വായുവിന്റെ ഗതീയത മാറി വായുവിന്റെ സ്വഭാവം മാറി വായുവിന്റെ ഗന്ധം മാറി ൂമിയുടെ സ്വഭാവം മാറി ഭൂമിയുടെ ഗ്രന്ഥം മാറി ഭൂമിക്ക് പരമ ഉണ്ടായി അപ്പൊ ഭൂമി ജലം വായു ഇവ മൂന്നും അഗ്നിയും ആകാശവുമില്ല ഇവയ്ക്ക് മൂന്നിനും മാറ്റം വന്നു ഭൂമിക്കും ജലത്തിനും പൃഥ്വിക്കും മാറ്റം വന്നു ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ കാലത്ത് ഭരണാധികാരികളറിയും അവരറിവുള്ള വിഷദ്വരന്മാരെ വിളിക്കും വിഷഗ്വരന്മാരറിയും കാലചക്ര പ്രവാഹത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഉദയാസ്തമനങ്ങളുടെ സംക്രമണത്തിന് പരിണാമമുണ്ടാകുന്നു ആകാശവീതിക്ക് പരിണാമം ഉണ്ടാകുന്നു മനുഷ്യൻ ഒഴിച്ചുള്ള ജീവജാലങ്ങൾ പ്രകൃതിജങ്ങളാകയാൽ പ്രകൃതി അവയിൽ പ്രവർത്തിക്കുകയാൽ പക്ഷികൾ വരാതെയാകുന്നു പക്ഷികൾ ചത്തൊടുങ്ങുന്നു കുളങ്ങൾ വറ്റിപ്പോകുന്നു കിണർ കുഴിക്കുമ്പോൾ ജലത്തിന് നിറം മാറ്റം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള കിണറിടിയുന്നു കിണറുണ്ടാകുന്നു നിങ്ങൾ കുഴിക്കാതെ കിണറുണ്ടാവും ആ കിണറ്റിലെ വെള്ളം തിളയ്ക്കുന്നു തീർത്താതെ ഇങ്ങനെയൊക്കെ പരിണാമം ഉണ്ടാകുമ്പോൾ ഭരണാധികാരികൾ വിവരമുള്ളവരാണെങ്കിൽ അന്നേ വിളിക്കും പത്രക്കാരെ അല്ല വിളിക്കുക പത്രക്കാരല്ല പോയിത് കാണുക പത്രക്കാരൻ ഇതൊരു അത്ഭുതമായി കാണിച്ച് ലോകനൊക്കെ കാണാൻ ചെന്ന് അവിടെ വെള്ളത്തിന്റെ തളയ്ക്കൽ സമയത്തുള്ള ആ നീരാവി ശ്വസിച്ച് രോഗിയായി മടങ്ങും മനസ്സിലായല്ല അവിടെ പോയി രണ്ടു ദിവസം താമസിച്ച് ഇതൊക്കെ കാണാൻ പോയി വെള്ളം കുടിച്ച് രോഗം കൊണ്ട് വീട്ടിവരും വേറെ പത്ത് പേർ കൂടെ കൊടുക്കും ആധിപത്യത്തിന് വിവരവില്ലല്ലോ സ്വാതന്ത്ര്യമല്ലേ ഉള്ളൂ വിവരം പോയാലും സ്വാതന്ത്ര്യത്തിന്റെ സുഖവുമല്ലേ കോഴിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും പന്നിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപുരുതിയ മനുഷ്യൻ അവന്റെ രാഷ്ട്രപിത ഉൾപ്പെടെയുള്ളവർ പടപുരുതി നേടിത്തന്ന ഈ മൃഗായതനത്തിന്റെ സ്വാതന്ത്ര്യം വെച്ചനുഭവിക്കുമ്പോൾ അതിലില്ലെങ്കിൽ എന്ത് മരണമുണ്ടായാലെന്ത് സ്വാതന്ത്ര്യമില്ലേ ചോദ്യം നിങ്ങൾക്ക് പിടിക്കാവുന്നതല്ല അതിനൊക്കെ അപ്പുറമാവും ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ചോറിച്ചില്ലുണ്ടാവും അന്യൂനമായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മൃത്യു നിങ്ങൾക്കൊരു കടം കത്തെയാണ് അച്ചടക്കവും സ്വാതന്ത്ര്യവും രണ്ടാണ് ഞാൻ ഏകാധിപത്യത്തെ കുറിച്ച് പറഞ്ഞില്ല വിവരമുള്ളവൻ ഭരിക്കുന്നതിനെ പറ്റിയേ പറഞ്ഞോളൂ ആധിപത്യം ഏകമോ പലതോ രാജഭരണങ്ങളൊന്നും ഏകാധിപത്യങ്ങളായിരുന്നില്ല അവർക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാവും അവർ ഈ മാറ്റം കാണുമ്പോൾ അറിവുള്ളവരെ വിളിക്കും അവരെ വിളിച്ചുകൂട്ടിയിട്ട് പറയും പ്രകൃതിയിൽ മാറ്റം കാണുന്നു വൈ അപ്പോൾ ഇതിനു മുമ്പ് മാറ്റമുണ്ടായ ചരിത്രത്തിന്റെ രേഖകൾ ഉണ്ടാവും ഉടനെ വിളിച്ചു കൂട്ടിയിട്ടതിരുന്ന് അതെടുക്കും ചരകം വിമാനസ്ഥാനം എടുത്തുകൊണ്ടുവരാൻ പറയും മനസ്സിലായില്ല പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട് ചരകം വിമാനസ്ഥാനം അവടെ ഈ മാറ്റമൊക്കെ വെള്ളത്തിന് വരും ജന ഭൂമിക്ക് വരും ആകാൽ വായുവിന് വരും ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ജനപഥ ധ്വംസകങ്ങളായ രോഗങ്ങൾ വരാനിരിക്കുന്നു കൂട്ടത്തോടെ മരണമുണ്ടാകുന്നു അതിനു മുമ്പേ ഔഷധങ്ങൾ സംഭരിക്കേണ്ടിയിരിക്കുന്നു ഔഷധങ്ങൾ ആ സമയത്ത് സംഭരിച്ചാൽ ആ ഔഷധങ്ങൾ ഒന്നും പ്രയോഗത്തിന് കൊള്ളാത്തവയാകും ആ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്ന ഔഷധങ്ങൾ പോലും ഈ തരങ്കാവലികള ദൂഷിതങ്ങളായി തീരും ആ ഔഷധങ്ങൾ പ്രയോജനപ്പെടുകയില്ല അവിടുത്തെ കടകളിലൊന്നും ഔഷധങ്ങൾ വെച്ചേക്കരുത് എന്നൊക്കെ പറയും അല്ലാതെ ഇത്രയും വലിയ പോത്തനായ മനുഷ്യൻ തോക്കും പിടിച്ചു കൊതുകിനെ കൊല്ലാൻ നടക്കില്ല നിങ്ങളുടെ നാട്ടിലുള്ള ബോത്താലി കുട്ടപ്പന്മാരെല്ലാം കൂടെ കൂടി വലിയ തോക്കുവായിട്ട് നടക്കുകയാണ് ഇച്ചിരി പോന്ന ഒരു കൊതുക് ഇവന്റെ വലിപ്പത്തിൽ ആ കൊതുക് മണ്ണിൽ ജീവിക്കരുതെന്ന് പറയുമ്പോൾ കൊതുക് എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് പറയുക ലജ്ജയില്ലാത്ത മനുഷ്യൻ ഇത് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാവുന്നതിലൊക്കെ വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം അല്ല നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക മനുഷ്യൻ പ്ലെയിൻ അപകടം പേടിക്കുന്നത് മനസ്സിലാക്കാം അഗ്നിപർവതം പൊട്ടുന്നത് അവൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത് മനസ്സിലാക്കാം ഒരു കൊതുകിനെ ഓർത്ത് ഞെട്ടി ഉണരുന്ന ഇവനൊക്കെയാണ് നാളകൾ വിരയിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ലക്ഷ തോന്നുന്നില്ലേ ഞാൻ ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞില്ല കൊതുകിനെ ഭയപ്പെടുന്നതിനെ പറ്റി പറഞ്ഞുള്ളൂ ഞാൻ പറയാത്തതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് ശുചിത്വം ഉണ്ടാകട്ടെ ശുചിത്വം ഇല്ലാതിരിക്കട്ടെ നിങ്ങൾ ഞെട്ടി ഉണരുന്നത് കൊതുകിനെ ശുചിത്വത്തെ എനിക്ക് ചിരി വരാറുണ്ട് ഉറക്കണെ അതെ ചരകൻ വിമാനസ്ഥാനത്തിൽ പറയുന്നുണ്ട് എലി വർദ്ധിക്കും കൊതുക് വർദ്ധിക്കും മൂട്ട വർദ്ധിക്കും ക്ഷുദ്രജീവികളൊക്കെ വർദ്ധിക്കും ജനപഥംസകങ്ങളായ രോഗങ്ങൾ ആവിർഭവിക്കും അതിന്റെ ഋതുചംക്രമണങ്ങൾ നോക്കി വൈദ്യം മനസ്സിലാക്കണം പരിഹാരവും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചര്യം അഹിംസ അസ്ഥേയം ഇതൊക്കെയായി അവിടുത്തെ ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കണം രണ്ട് ബാഹ്യവും ആഭ്യന്തരവുമായി ശുചിയുണ്ടാകണം ബാഹ്യമായി മാത്രം പോരാ ും ശൗചവും ഉണ്ടാകണം കൃത്യതയുള്ള ഔഷധങ്ങൾ സേവിക്കണം ഔഷധങ്ങളും പറഞ്ഞിട്ടുണ്ട് രസായനങ്ങൾ ഉൾപ്പെടെ അപ്പോ എന്താ ഭരണാധികാരിയ പഴയ ഏടെടുത്ത് നോക്കും പണ്ട് ഇങ്ങനെ വല്ലതും സംഭവിച്ചതിന്റെ രേഖയുണ്ടോ അന്ന് അവരെന്താ ചെയ്തേ കുറഞ്ഞ പക്ഷെ അതൊന്ന് ചെയ്തു നോക്കുകയെങ്കിലും ചെയ്യാം ഒരു ഭാഗത്ത് മറ്റത് ശരിയായി വരുമ്പോഴേക്ക് റിസർച്ച് ചെയ്തു ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കൂ പക്ഷെ അപ്പോഴേക്ക് വീട്ടിലുള്ള കഴുകോലൊക്കെ എടുത്തു തൽക്കാലം താങ്ങി നിർത്താം മനസ്സിലായില്ല വീടിന്റെ ഏർ ഉത്തരം പൊട്ടിയിങ്ങി വരികയാണ് ഉത്തരം പൊട്ടി വരുമ്പോഴേക്ക് ഫോൺ വിളിച്ച് ഏർ ഫയർഫോഴ്സിൽ നിന്ന് ആട് വരുന്നവരെ ഒന്നും നിൽക്കുകയില്ല അതുകൊണ്ടുള്ള കൗങ്ങോ ഒക്കെ എടുത്ത് ഊന്നുകൊടുത്ത് തൽക്കാലം നിർത്തി മറ്റവൻ വരട്ടെ വന്നിട്ട് പണിയട്ടെ ക്രെഡിറ്റ് അവൻ കൊണ്ടുപോട്ടെ മനസ്സിലായില്ല ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണം അമേരിക്കയിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ചിക്കുൻ ഗുനിയയെ കൊല്ലാൻ ആള് വരുമ്പോഴേക്ക് ഇവിടെ ചിക്കുൻ അല്ലാതെ ഇത് ജനപദോധ്വംസകമാണ് എന്ന് കണ്ടറിയണം ചിക്കൻ ഗുനിയയുടെ തീർന്നു ചിക്കുൻ റിപ്പോർട്ട് തീർന്നു തക്കാളിപ്പനി തുടങ്ങി ധരണത്തെ നിക്കല ജനപഥംസകം അതിനൗഷധം കൊടുക്കുമ്പോ അവൻ വേറൊള്ളത് പൊട്ടും കാരണം കുറെ പേരെ കൊന്നേവൻ പോവുകയുള്ളു കൊല്ലുന്നത് ഇമ്മ്യൂണിറ്റിയുടെ കുറവിലാണെങ്കിൽ ചത്തവന്റെ വീട്ടിൽ ക്യാൻസർ രോഗി അപ്പുറത്തെ മുറി കിടക്കുക അവനെ കൊണ്ടുപോയിട്ടില്ല കുനിയ മനസ്സിലായില്ല ഇപ്പുറത്ത് കിടക്കുകയാണ് വേറൊരുത്തൻ ക്ഷയരോഗമായിട്ട് തുമ്മി തുമ്മി അവനെയും കൊണ്ടുപോയിട്ടില്ല അവനൊന്നും വേണ്ട വൈദ്യശാസ്ത്രത്തിൽ വിവരമുള്ളവൻ ചെന്ന് നോക്കിയാൽ അപ്പുറത്തെ ക്യാൻസറുകാരനെ കൊല്ലാതെ ഇപ്പുറത്തെ ഏർ രാജേഷ്മാവുള്ള ക്ഷയരോഗിയെ കൊല്ലാതെ ആ അപ്പുറത്ത് കിടക്കുന്ന വേറൊരു രോഗിക്ക് രോഗം വരാതെ പനിച്ചിനുള്ളിൽ കിടക്കുന്നവൻ പനിറ്റുപോരുമ്പോൾ ഇവിടെ ആരോഗ്യത്തോടെ നടന്നു വരുത്താൻ പെട്ടെന്ന് പനി വന്നു പെട്ടെന്ന് തീർന്നു വരുമ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ സിദ്ധാന്തങ്ങളൊക്കെ വിട്ടിത്തമാവും മനസ്സിലായില്ല മനസിലായില്ല സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്ക് അപ്പോഴാ ഇതിന്റെ രസം കാണുക മാത്രമല്ല ഇവനങ്ങ് ഒതുങ്ങി മാറുമ്പോഴേക്ക് അടുത്തവൻ വരും തക്കാളിപ്പനി പനിക്കൊക്കെ പേരിട്ടിരിക്കുന്ന വളരെ രസമാണ് കോഴിപ്പനി പട്ടിപ്പനി പന്നിപ്പനി പശുപ്പനി അവസാനിപ്പ തക്കാളിപ്പനി ഏ ആ ഇപ്പൊ ആലപ്പുഴ ഇവിടുന്ന ഇപ്പൊ തക്കാളിപ്പനിയാണ് തക്കാളി പോലെ തടിച്ചു ഇതിന്റെ അവന്തര രൂപഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇതിനെ ഭയക്കേണ്ടതൊന്നുമില്ല പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ പോകും ഞാനും പോകും നിങ്ങളും പോവും ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുല്ലപ്പെരിയാറിങ്ങി വരും ചിലപ്പോ നമ്മളിങ്ങനെ നീന്തി തുടിച്ചങ്ങ് പോവും ഇത് ഇത് പൊട്ടിച്ചേ പുറത്തെയാടാൻ പറ്റുള്ളൂ ആ ആ അയ്യരാണെങ്കിൽ ആരും ചാടണ്ടെന്ന് പറഞ്ഞ് കുറ്റിയിട്ടിട്ടുണ്ട് പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പാപം ഉണ്ടെങ്കിലും അവൻ വരും പാപയില്ലെങ്കിലോ അവൻ ഇതിലേ ഒന്ന് നേരെ ഇപ്പുറേ കിറങ്ങിയെന്ന് പോവും സാമൂഹികമായ പാപം കൂടുമ്പോൾ വൈയക്തികമായ പാപം കൂടുമ്പോൾ വൈയക്തിക രോഗങ്ങളും സാമൂഹിക പാപം കൂടുമ്പോൾ സാമൂഹിക രോഗങ്ങളും കൂടുന്നു ആദ്യ ഭൗതികമായി ആദ്യ ദൈവികമായി ആധ്യാത്മികമായി അന്ത് അതിന്റെ അന്തരാളങ്ങളെ തിരിച്ചറിഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കാൻ മാനവചേതനയെ പേടിപ്പിക്കുന്ന ആ സങ്കേതങ്ങൾ അത്രയും മനുഷ്യനെ ശുചിയിലേക്ക് ശൗചത്തിലേക്ക് ധർമ്മത്തിലേക്ക് നന്മയിലേക്ക് ആ മനുഷ്യത്വത്തിലേക്ക് നയിക്കേണ്ടുന്ന മതങ്ങളെല്ലാം കച്ചവടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അവൻ ആശയ്ക്ക് ബീജം നൽകിയിരുന്ന മതങ്ങൾ ദൂഷിക്കുമ്പോൾ അവനെ ആശയിൽ ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്ന രാഷ്ട്ര ഭരണ പ്രകൃതികൾ തുഷിക്കുമ്പോൾ നാളയുടെ ചക്രവാളത്തിൽ ആശയുടെ തേജസ് നൽകാൻ മറ്റൊന്നുമില്ലാതെ വരുമ്പോൾ സ്വയം ആശിക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു അവസ്ഥിതിയിലേക്ക് അവന്റെ ബോധതല്ലജത്തെ വളർത്തിയെടുക്കേണ്ടത് അവന്റെ ആവശ്യമാണെന്ന് കരുതുന്നുവെങ്കിൽ നോഹയുടെ വെട്ടകം പോലെ കുറച്ചുപേരെയെങ്കിലും ജീവിപ്പിക്കാൻ പര്യാപ്തങ്ങളാകുന്ന ഒരു നല്ല ജീവിതക്രമം സംജാതമാവും അവിടെയാണ് മാനവൻ സ്വയം ഉദ്ധരിക്കപ്പെടേണ്ടത് മനസിലായില്ല അത് പിടിയട്ടില്ല എല്ലാ സ്പീഷീസ് നിന്നും കുറെങ്കിലുമെങ്കിലും ഈ ഭൂമിയിലൊക്കെ ഉണ്ടാവണം ബാക്കി വരണം എല്ലാം പോകുമ്പോൾ അപ്പൊ അതിനാദ്യം സ്വയം ഉദ്ധരിക്കപ്പെടണം അതുകൊണ്ട് വ്യാപന പ്രകൃതിയുടെയും അവ്യാപന പ്രകൃതിയുടെയും സ്ഥലങ്ങളിൽ കാലബല പ്രവൃത്തങ്ങളായ സമയം ഒരുപാടായെന്ന് തോന്നി അപ്പൊ അത് വ്യാപന്ന ഇതു കൃതങ്ങളും അവ്യാപന്ന ഇതുകൃതങ്ങളും ആ സ്വഭാവ ബലപ്രവൃത്തങ്ങളും അടുത്ത ക്ലാസ്സിലെടുക്കാം നിന്ന് അവസാനിപ്പിക്കാം നാരായണം നമസ്കൃതി നരഞ്ജൈവ നരോത്തമം ദേവി സരസ്വതി വ്യാസം തപോജയ മുദീരയെ ഹരിവും ഹരി Thank you.